ിപ്പോൾ അള്ളാഹുസുബഹാനഹുവ ചായാല നിങ്ങൾക്ക് ഭാരം ലഘൂകരിച്ചു തന്നിരിക്കുന്നു നിങ്ങളിൽ ബലഹീനതയുണ്ടെന്ന് അവൻ അറിഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങളിൽ ക്ഷമയുള്ള നൂറുപേരുണ്ടെങ്കിൽ അവർ ഇരുന്നൂറ് പേരെ തോൽപ്പിക്കും നിങ്ങളിൽ ആയിരം പേരുണ്ടെങ്കിൽ അള്ളാഹുസുബഹാനഹുവ ചായാലനുമതിയോടെ അവർ രണ്ടായിരം പേരെ തോൽപ്പിക്കും തീർച്ചയായും അള്ളാഹുസുബഹാനഹുവ ചായാല ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു